ുംബർകത്തു അഹിറു മുഹമ്മദിൻ സർവാദരണീയനായ അധ്യക്ഷൻ एस केफ संस्थान प्रसडेंट पाख सईद अब्बा सली शिहब तंगलें स्टेज संबहतर समस्त केरल गमीयुक्त उलमु अंतर कीकतर नेताधारुक उदमाके सुहतुक सहोद अला सुभाषानवत आल മായ നമ്മുടെ സദസ്സിന് അനുഗ്രഹിക്കുമാറാവട്ടെ അവന്റെ ദീനിനെ സമൂഹത്തെ എത്തിച്ചു കൊടുക്കുന്നതിൽ ഏറെ സഹായകമാകുന്ന ഈ മഹത്തായ സംഗമത്തെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ അമീൻ റഹ്മിക്കയർ സമസ്ത കേരള സിമ്മി സ്റ്റുഡൻസ് ഫെഡറേഷൻ ചരിത്രത്തിൽ ഒട്ടേറെ നായിക കണ്ണുകൾ സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്മയ്യത്തുൽ ഓണമയുടെ ആശയത്തെ പ്രചരിപ്പിക്കുന്നതിലും ആശയവിരോധികളെ പ്രതിരോധിക്കുന്നതിലും സമകാലിക വർത്തമാന രംഗത്തെ സകലമാന വിഷയങ്ങളെ ടച്ച് ചെയ്തുകൊണ്ടും ആവശ്യമായ ക്യാമ്പയിൻ സംഘടന എക്കാലത്തും നടത്തി പോന്നിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഈ വരുന്ന രണ്ട് മാസക്കാലം സംസ്ഥാന വ്യാപകമായും സമീപ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി എസ് കെ നടക്കുന്നത് ശുചീകരണങ്ങളും ഭിന്നിപ്പുകളും നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളോളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ ഏതെണ്ണ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിനും വാചക ശ്രേഷ്ഠ സ്വനമാഹു അനുഭവസനമതകൾ കാണിച്ച വഴിയും പാണ്ഡാവും സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി സംഘടന എക്കാലവും അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് ഈ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഇതിന്റെ തീരുമാനമെടുത്തപ്പെടുന്നതിൻ്റെ ശേഷം പല സംഭവ നമ്മുടെ കേരളത്തിൽ കടന്നുവരികയുണ്ടായി ക്യാമ്പയിൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ ശേഷം ഉടലെടുത്തിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ ക്യാമ്പയിന്റെ പ്രമേയത്തെ ശക്തിപ്പെടുത്താനും ക്യാമ്പയിനെ ഊർജസ്വലമാക്കാനും പര്യാപ്തമാകത്തക്ക രൂപത്തിൽ കടന്നു വന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ കാമ്പ് എന്നതും വിശദീകരിച്ചുകൊണ്ട് ഈ മകനെ പിൻബലത്തോടുകൂടി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിനെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രഭാഷകന്മാർ നമ്മുടെ സ്റ്റേജിൽ സംവദിക്കാനിരിക്കുകയാണ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന എന്നാൽ പുറത്ത് ചില ആളുകൾ ഭയപ്പാടോടുകൂടി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഏതാനും സമയങ്ങൾക്കകം ഈ സ്റ്റേജിൽ നടക്കാൻ പോകുകയും ഒരു കാലഘട്ടത്തിൽ സംഘടനയെ എതിർക്കാനും വ്യാജമുടിയെ പ്രചരിപ്പിക്കാനും നോമ്പ് നോക്കിയിറങ്ങിയവരും അതിനുവേണ്ടി ഘടനാധ്വാനം ചെയ്തവരും കാന്തവൃതന്റെ കയ്യിൽ നിന്ന് കൊണ്ട് കാറ് വാങ്ങി നടന്നവരും മുടിയെ തള്ളി ക്ലിപ്പിംഗ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടാൻ പോവുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ അമ്മേ പറഞ്ഞിരുന്നു കാന്തപുരത്തിന്റെ കൊണ്ടുവന്ന വ്യാജമുടി കാന്തപുരം ആളുകൾ പ്രചരിപ്പിക്കും തോറും സംഘടനാ ആശയത്തിൽ നിന്നുകൊണ്ട് അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ശോഷണം നാളുകൾ തോറും അത് സംഘടന സമസ്തയുടെ ശക്തി പ്രചരിപ്പിക്കപ്പെടാൻ ഉതകും മാത്രമല്ല കാന്തപുരം ഈ മുടിയോടുകൂടി ആ സംഘടനയുടെ ഒടുക്കം കുറിക്കപ്പെടും എന്ന് പറഞ്ഞത് അന്വർത്ഥമായിരിക്കുകയാണ് ഇന്ന് ആ വിഭാഗത്തിൻ്റെ ഒരു കുറു മുഷാവറ നടന്നു ആ മുഷാവറ എന്ന് അവർ പേരിട്ടതാണെങ്കിലും അവരുടെ ആലോചനായോഗത്തിൽ അവരുടെ തമ്മിൽ തർക്കിച്ചുകൊണ്ട് തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് നടന്ന ആ വിവാദ സംഗമത്തിൽ എടുത്ത തീരുമാനപ്രകാരം പുറമെ നമുക്ക് നമ്മൾ ഐക്യമാണ് എന്ന് പറയാം അകത്ത് നമ്മൾ കലാപത്തിലാണെങ്കിൽ തന്നെ പുറമെ നമുക്ക് ഐക്യമാണ് നമുക്കിടയിൽ ഭിന്നിപ്പില്ല എന്ന് പറയാം എന്നാൽ ചില ആളുകൾക്ക് വിലക്കേർപ്പെടുത്താം എന്ന തീരുമാനം അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചില ആളുകളെ പുറത്താക്കിയിരിക്കുന്നു ചില ആളുകളെ പൂർണ്ണമായും വേദികളിൽ നിന്ന് കൊണ്ട് മാറ്റിമർത്തിയിരിക്കും വേലുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരും മാറ്റി നിർത്തപ്പെടാൻ പോകുന്നവരും ഇനി അവരവരുടെ വേദികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വ്യാജമുടിയുടെ കപടനാടകം സമൂഹത്തിൽ തുറന്നുകൊണ്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന കാഴ്ചയാണ് വരുന്ന ആളുകളിൽ കഴിഞ്ഞ ദിവസം മഞ്ഞൻ എ പി അബുബക്കർ അഹമ്മദ് ഹജറജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ആദർശ്ശേരി ഹംസകുട്ട് മുസ്ലിമാർക്ക് ഒരു സന്ദർശിക്കേണ്ട ആവശ്യം വന്നു അഹമ്മദ് ഹസറജിയെ ചെന്നുകൊണ്ട് ആദർശേരി ഹംസകുട്ട് മുസ്ലിയാറെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് അഹമ്മദ് ഹസറജി പറഞ്ഞു ഞാൻ ഈ കാന്തപുരത്തിൻ്റെ കുതുക്കിൽ പെട്ടുപോയതാണ് എന്നെ കുതുക്കിയതാണ് ഞാൻ അയാളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിപ്പോയതാണ് എനിക്കൊന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു ഏതാണതിന്റെ വഴിയും അത് മനസ്സിലാക്കിയ കാന്തപുരം ആദർശരി ഹംസകുട്ട മിസ്ലിയാരെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഇത് നാട്ടിൽ ചെന്നുകൊണ്ട് പറയരുത് എന്ന് രക്ഷപ്പെടുത്തണം എനിക്ക് പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് അതിന് ഞാനാ തന്നെ ആ കാര്യം പിന്നീട് ഒരുക്കം നമ്മോട് പറയാനിരിക്കുകയുമാണ് അതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും പൊന്മളയുടെ ശിഷ്യന്മാരും പൊന്മള തന്നെയും പല കാര്യങ്ങളും പറയും അത് കാത്തിരുന്നു കൊണ്ട് കാണാം നമ്മൾ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും കുറച്ച് പല കാര്യങ്ങളിലായി ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അഭിഷേകവുമായി ബന്ധപ്പെട്ടൊക്കെ വ്യക്തമായി തെളിവിന്റെ പിൻബലത്തോടുകൂടി ഇവിടെ പ്രദർശിപ്പിക്കപ്പെടും അള്ളാഹുദാന അതിൻ്റെ എല്ലാ വഴികളും സമസ്തക്ക് അനുകൂലമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു തെളിയിച്ചു കോഴിക്കോട് കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പേ നടന്ന ഒരു മുടിയുടെ തറക്കല്ലിടൽ കർമ്മം അല്ലെങ്കിൽ ഒരു മുടിപ്പള്ളിയുടെ തറക്കല്ലിടൽ കർമ്മം ആ കല്ല് ഇന്ന് വരെ ഭൂമി ലോകത്തെത്തിയിട്ടില്ല എന്നതാണ് വസ്തുത നമ്മൾ അന്ന് പറഞ്ഞിരുന്നു കോടികൾ ചെലവടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാം കോടികൾ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൗധങ്ങളും കൊട്ടാരങ്ങളും ശീലീകരിച്ച ആർഭാട അമ്പർ ചുണ്ടിയായ നിങ്ങൾക്ക് ഉണ്ടാക്കാം പക്ഷേ തിരുനമിഷന്ന ലാഹുലിവസന പഠനങ്ങളുടെ മുടി സൂക്ഷിക്കാം എന്ന പേരിൽ ഒരു പള്ളി ഈ ഭൂമി ലോകത്ത് ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത് അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കപ്പള്ളി ഈ ഉലകത്തിൽ ഉണ്ടാക്കാൻ കാന്തപുരത്തെ നമ്മൾ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല ആ കാര്യത്തിൽ കേരള ഗവൺമെന്റ് പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സിമ്മുകളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ കുടിക്കുന്നില്ല ആരവർക്ക് പിന്തുണ കൊടുത്താലും ഏത് മന്ത്രിപ്പട അവരുടെ ശിലാസ്ഥാപനത്തിൽ ചെന്ന് പങ്കെടുത്താലും കേരളത്തിൽ സയ്ദ് ഹൈദർ അലി തങ്ങളുടെ സംസ്ഥാന എസ് ഒ കമ്മിറ്റിയെടുത്തൊരു പ്രമേയത്തെ അന്വർത്തമാക്കിക്കൊണ്ട് ഞാൻ ഒരെളിയ പ്രവർത്തകൻ എന്ന നിലയിൽ പറയുന്നു അത്തരം കാന്തപർത്തെ സഹായിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരായാലും അവർ തിരിച്ചറിയേണ്ട പോലെ തിരിച്ചറിയാൻ സുന്നീകരണം ഉത്ബുദ്ധമാണ് എന്നുകൂടെ പറയാൻ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണ്ടി വന്നാൽ ആ നിലയിൽ കാണാം എന്നാണ് സമസ്തകല ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആനുകാലിക പ്രമേയം സമസ്തയുടെയും അതിന്റെ കീഴടങ്ങളുടെയും പ്രമേയത്തെ വിശദീകരിക്കുകയും അതിന്റെ നിലപാടുകളെ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യാവുന്ന ഡ്യൂട്ടി മാത്രമാണ് എസ് വി എസിന്റെയും എസ് കെ എസ് എത്തിന്റെയും മെല്ലെ പോലെ പറഞ്ഞാൽ മുഷാബറ പറഞ്ഞാൽ അതിനെ വിശദീകരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ോധികളെ സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ മുടിവാലന്മാരെ വ്യാജമുടി പ്രചാരകരെ സഹായിക്കാൻ സമസ്തയുടെ അപ്രീതി സമ്പാദിച്ചുകൊണ്ട് സഹായിക്കാൻ ഏത് രാഷ്ട്രീയക്കാർ മുന്നോട്ട് വന്നാലും അവരെ ഇരുത്തേണ്ടിടക്കി ഇരുത്താൻ എസ് കെ സദിഫും സംസ്ഥയുടെ പ്രവർത്തകന്മാരും തയ്യാറാവും ഈ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തര അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോളമായി കേരളത്തിൽ ചില മഹല്ലുകളെ കയ്യേറ്റം ചെയ്യാൻ കേരളത്തിൽ ചില സന്നദ്ധ പ്രവർത്തകന്മാരെ ആക്രമിക്കാൻ ചിലരെ കള്ളക്കേസിൽപ്പെടുത്താൻ വേണ്ടി ചില മന്ത്രിമാരുടെ പിൻബലത്തോടുകൂടി കേരള പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല മഹല്ലുകളും അവർ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായും സമസ്തക്ക് അനുകൂലമായ പള്ളിക്ക് വിധി പറഞ്ഞ കോടതി വിധി പോലും നടപ്പാക്കാൻ പോലീസിനെ സമ്മതിക്കാതിരിക്കാൻ വകുപ്പ് മാറി ചില മന്ത്രിമാർ കൈയിട്ടുകൊണ്ടിരിക്കുന്നു അത്തരം പ്രവണത ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കില്ല അത്തരം പ്രവണത ആവർത്തിക്കാൻ സമ്മതിക്കില്ല അത്തരക്കാരുടെ കൈവെട്ടുകയല്ല അത്തരക്കാരുടെ അടിപേര് പീതെടുക്കാൻ സന്നിധ കയ്യാറില്ല അതും ആലങ്കാരിക ഭാഷയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയായിരുന്നു അതുകൊണ്ട് ഇത് സുന്ദര ജമാനത്തിന്റെ പ്രവർത്തകന്മാർക്ക് നേരെയുള്ള കടമേറ്റമാണ് എനിക്കെതിരെ കേസുണ്ട് ഞങ്ങളെ പോലുള്ള എസ് കെ എസ് നേരെ നൂറോളം കേസെടുക്കട്ടെ വേണ്ടി വന്നാൽ ജയിലിലെടുക്കട്ടെ പക്ഷേ എസ് കെ എസ് എസ് എഫിന്റെ നിരപരാധികളായ പ്രവർത്തകന്മാരെ കള്ളക്കേസിൽ ഏതെങ്കിലും മന്ത്രിമാർ വകുപ്പ് മാറി നിലപാടെടുക്കുന്നതെങ്കിൽ അതിന്റെ നേരിൽ നെഞ്ചി തിരിച്ച് പ്രതിരോധിക്കാൻ ഞങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കള്ളക്കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ലാത്ത കേസ് ഇവിടെ മൊറമ്പാത്തി പള്ളി കോഴിക്കോട് ജില്ലയിലാണ് മൊറമ്പാത്തിപ്പള്ളി ആ പള്ളി കോടതിയായ കോടതികൾ മുഴുവനും സമസ്തക്ക് അനുകൂലമായി കേസ് വിധിമറഞ്ഞു കോടതിയായി കോടതി മുഴുവനും സമസ്തക്ക് അനുകൂലമായി വിര പറഞ്ഞു ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കാൻ കാന്തപുരത്തിന്റെ ആളുകൾ കണ്ണുരുട്ടുമ്പോഴേക്കും ചില പോലീസുകാർക്ക് ധൈര്യമില്ലാതിരുന്നു ഒരു ഘട്ടത്തിൽ ചില ആളുകളൊക്കെ അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തു ചില മേലെ നിന്നുകൊണ്ട് ചില മന്ത്രിമാർ വിളിച്ചു പറയുന്നു മന്ത്രി ആർക്കാർ വിളിച്ചു പറയുന്നത് ആരൊക്കെയാണ് ഓണം പറമ്പ് ിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കേസിൽപ്പെടുത്തുന്നത് ആരാണെന്ന് ബന്ധപ്പെട്ട സമയത്ത് സ്വന്തം വകുപ്പ് നോക്കാൻ കെടുകാര്യസ്ഥനായ മന്ത്രിക്ക് നേരമില്ല ഇന്ന് കട്ടപ്പുറത്ത് കയറിയ വണ്ടിയാണ് കെ അത് ചക്രശ്വാസ വലിച്ചു കൊണ്ടിരിക്കുകയാണ് കെ മാണി പറയുന്നു ധനകാര്യ വകുപ്പെന്ന് ഫണ്ട് അനുവദിക്കാത്തത് പക്ഷേ മന്ത്രി കെടുകാര്യസ്ഥനാണ് അയാൾ അതിന് കൊള്ളാത്തവനാണ് അവനവന്റെ വകുപ്പൊരു മണിക്കൂർ നേരം ഒരു ഫയൽ നോക്കി ചെലവഴിച്ചിരുന്നതെങ്കിൽ കട്ടപ്പുറത്ത് കയറിയ കെ എസ് ആർ ടി മന്ത്രി വൈദ്യുതി മന്ത്രി അതും ഇന്നാകെ കുത്തുപാടെടുത്തിരിക്കുകയാണ് രണ്ടേ രണ്ട് വകുപ്പാണ് കേരളത്തിൽ കുത്തുപാടെടുത്ത് നിൽക്കുന്നത് ആ രണ്ട് മന്ത്രിയും ആ രണ്ട് വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് ആ വകുപ്പിൽ നേരമില്ല സുമികളെ കള്ളക്കേസിൽ കൊടുക്കാനാണ് അയാൾക്ക് നേരമിടവരും അതുകൊണ്ട് അവനവന്റെ വകുപ്പ് ശ്രദ്ധിക്കണം അതിന് മുഖ്യമന്ത്രി എന്ന പെട്ടോട്ടെ പക്ഷെ ആ വകുപ്പും വിട്ട് സിമ്മിക്ക് നേരെ തിരിഞ്ഞാൽ അരിയും തന്ന് ആശാരിച്ടച്ച് വീണ്ടും പട്ടി മുന്നോട്ട് എന്ന് പറഞ്ഞ പോലെ വകുപ്പും മാറി സുന്നികൾക്ക് നേരെ കേസെടുക്കാനാണ് നിങ്ങൾ പോലീസിന് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത്തരക്കാരുടെ അടിവേൾ പെയ്തെടുക്കാൻ സുന്നുകൾ തയ്യാറാവും അത് തെരഞ്ഞെടുപ്പിലായാലും ശരി അത് കൈപ്പറ്റി ചിഹ്നത്തിൽ വരുമ്പോഴായാലും ശരി അത് മറ്റേതൊക്കെ രൂപത്തിലായിരുന്നാലും ശരി ഈ നിലപാട് അവസാനിപ്പിക്കുന്ന നല്ലതാണ് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട പല ആളുകൾ മന്ത്രിയായത് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട പല ആളുകളും എം എൽ എ മാരായത് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട പല ആളുകളും എം പിമാരായത് സമസ്തയ്ക്ക് കിട്ടേണ്ട പരിഗണന തരണം ഞങ്ങൾ സമസ്തക്ക് ഔദാര്യമായി ഒന്നും വേണമെന്ന് പറയുന്നില്ല സമസ്ത കോശാരമായി ആരും ഒന്നും തരണ്ട നിങ്ങൾ ആരുടെയും പിച്ച ചട്ടിയിൽ സമസ്തയുടെ പ്രവർത്തകന്മാർ പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നത്ത് ഈ പടയെ സമസ്തയെ വേണ്ട പരിഗണിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം അത് തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ കണ്ടറിയാൻ സംശയങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മടിയില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുക നമ്മുടെ ജില്ലയിലെ സ്റ്റേറ്റിലെ പല ഭാഗത്തും പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഭാഗത്ത് മഹല്ലുകൾക്ക് നേരെ അതിക്രമം കാന്തപുരം വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹല്ലിൽ അൽപ്പം പോലും സ്വാധീനമുണ്ടാക്കാൻ കഴിയാത്ത സ്വന്തം അവരുടെ സംസ്ഥാന പ്രസിഡന്റായ ഉള്ളാളിത്തങ്ങൾക്ക് പോലും ഈ ഉലകത്തിൽ ഒരു മഹല്ലിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവർ കൃത്രിമമായി മഹല് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായി മഹല് കയ്യേറ്റം നടത്തുകയാണ് പക്ഷെ കോടതികളൊക്കെ നമുക്ക് അനുകൂലമായ വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ വിധി നടപ്പാക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സന്മനസ് കാണിക്കുമില്ല അതാണ് മൊറബാത്തിൽ കണ്ടത് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പ്രിയങ്കരനായ എസ് വൈ എസ് എ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് തെർലായിയുടെ വീട് വിഘടിത വിഭാഗം എറിഞ്ഞു പൊളിക്കുകയും അദ്ദേഹത്തിന്റെ മകനെ കള്ളക്കേസിൽ കുളിക്കിരിക്കുകയും കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള കൊട്ടില പ്രദേശത്തെ അവരുടെ ഒരു വിഘടിത കൂടാരം അവർ സ്വന്തം അതിന്റെ ഒക്കെ അടിച്ചു പൊളിച്ച് എസ് കെ എസ് എസ് എഫുകാർ പള്ളി പൊളിച്ചു എന്നൊക്കെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം അവർ അവരുടെ ഭവനം തന്നെ തകർത്തുകൊണ്ട് സമസ്തയെ ആക്ഷേപിക്കാൻ ശ്രമിക്കും ആ കുട്ടികളെ ജാമ്യം കിട്ടാത്ത വകുപ്പ് വെച്ചുകൊണ്ട് പോലീസ് കേസ് ചാർജ് ചെയ്യും കോഴിക്കോട് ജില്ലയിലെ എണ്ണക്കോട് പ്രദേശത്ത് അതിക്രൂരമായി നമ്മുടെ പ്രവർത്തകന്മാരെ തല്ലിച്ചതച്ചവരെ നിഷ്പക്ഷമായി എസ് ഐ കേസെടുത്ത് ത്രീ നോട്ട് എയ്റ്റ് പ്രകാരം കേസ് ചാർജ് ചെയ്ത് ജയിലിൽ അടച്ചിട്ട് അതേ തൂക്കത്തിലും അതേ അണത്തുട്ടിലും നിരപരാധികളായ സുന്നി പ്രവർത്തകർക്ക് നേരെ ആഭ്യന്തര വകുപ്പിലെ ചില ആളുകൾ കൈയിട്ടുകൊണ്ട് സുന്നികളെ കള്ള കുടുക്കി അവരെ ജയിലടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും വ്യാപകമായ രൂപത്തിൽ ഇത് നടക്കുകയും കാന്തപുരം ആഭ്യന്തര വകുപ്പിന്റെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവർ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുക്കും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണത അത് വ്യാപകമായ രൂപത്തില ഒറ്റപ്പെട്ട സംഭവങ്ങൾ തന്നെ വ്യാപകമായ അതേപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിന് അടുത്തുള്ള ബെല്ലാക്കടപ്പുറം ശതമാനം സമസ്തക്കാരാണ് അവിടെ മുഴുവൻ പ്രവർത്തകരും നൂറ് ശതമാനവും മുസ്ലിം ആ ബെല്ലാക്കടപ്പുറത്ത് മണ്ണിൽ തൊടാതെ വാഹന പുറത്ത് വന്നുകൊണ്ടാണ് വിഘടിത നേതാവ് പൊൻ വിഘടിത നേതാവ് പേരോടത്രയുമാണ് സഖാഫി വിവാദ നടത്തി പ്രശ്നമുണ്ടാക്കി പോയത് ആ പ്രശ്നത്തിന്റെ പേരിൽ കണ്ട് പിടിക്കുന്ന എല്ലാ ആളുകളെയും സുന്നത്ത് ജമാക്കന്റെ പ്രവർത്തകരെ പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിക്കുന്നു കള്ളക്കേസിൽ കൊടുക്കിക്കൊണ്ട് അവരെ ജയിലടക്കുന്നു വ്യാപകമാണ് ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും ാന്തപുരത്തിന്റെ അച്ചാരം പറ്റിയവരാണോ എന്ന സംശയം കത്തക്ക രൂപത്തിൽ ഇതിന് പൂർണ്ണമായി സുന്ദികൾക്കെതിരെ സമസ്തക്കെതിരെ പ്രവർത്തിക്കും ഒറ്റപ്പെട്ട സമ വന ഈ നില തുടരുകയാണ് ഇതിനെ പ്രതിഷേധിക്കേണ്ട ഇതിനെ എതിർക്കണ്ടേ നിരപരാധികളായ കുട്ടികളെ മർദ്ദിക്കുന്നു അവരെ പോലീസ് അതിക്രൂരമായി ലോക്കപ്പിലിട്ട് മർദ്ദിക്കുന്നു ജാമ്യം കിട്ടാതെ വകുപ്പിട്ടുകൊണ്ട് കേസ് ചാർജ് ചെയ്യുന്നു വിദേശത്തേക്ക് പോകേണ്ട പല വിദേശത്തേക്ക് പോകാൻ അനുവദിക്കാത്ത രൂപത്തിൽ ഗവൺമെന്റ് ജോലിക്കാർക്ക് ഗവൺമെന്റ് ജോലിയിൽ തുടരാൻ പറ്റാത്ത ഈ വഴിവിട്ട പോക്ക് എതിർക്കണം ആ എതിർപ്പ് കേവലം ഒരു കൈവട്ട് കൊണ്ടൊന്നും ഞങ്ങൾ പ്രയോഗിക്കുന്നില്ല അത്തരം ആനുകാരിക ഭാഷകളെല്ലാം മറിച്ച് ആഭ്യന്തര ഈ നിലപാട് തുടർന്നാൽ കേരള ആഭ്യന്തര മന്ത്രിയും കേരള ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നവരും പാർട്ടിയും എല്ലാവരും ഈ വർക്കത്തിൽപ്പെടുന്നു ഈ വഴിപൊട്ട കാന്തകരത്തോടുള്ള പാത സേവ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അനീതി കാണിച്ചാൽ സമസ്തക്ക് നീതി തരുന്നില്ലെങ്കിൽ അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം സമസ്തയുടെ പ്രവർത്തകന്മാരും സംഘടിപ്പിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആ നിശ്ചിതമായ കൃത്യമായ അതിന്റെ സ്കെപ്റ്റോടുകൂടി വരുന്ന പന്ത്രണ്ടാം തീയതി കോഴിക്കോട്ടും നമ്മളൊരു ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിഷേധ സംഗമം സമസ്തയുടെ ഓണമാക്കന്റെ നിർദ്ദേശത്തോടുകൂടി നമ്മൾ നടത്തുകയാണ് ബഹുമാനപ്പെട്ട സി കെ എം സാധിത്വം മുസ്ലിയാർ ചെയർമാനും ബഹുമാനപ്പെട്ട എ വി മുസ്ലിയാർ ജനറൽ കൺവീനറുമായ ഒരു പ്രക്ഷോഭ സമിതി സമസ്ത രൂപം ആ പ്രക്ഷോഭ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വരുന്ന പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നാലു മണിക്ക് കോഴിക്കോട്ട് ഈ ആഭ്യന്തര ഈ അതിക്രമങ്ങൾക്കെതിരെ അതിശക് ആദ്യത്തെ സമരം ഇവിടെ വെച്ച് നടത്താൻ പോവുകയാണ് അത് തുറന്നുകൊണ്ട് ആവശ്യമെങ്കിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ചിന്തി മക്കളുണ്ടാകും നീതിക്ക് വേണ്ടി അതിലാരും അസ്വസ്ഥത കാണിക്കേണ്ട അതിലാരും അസ്പൃശ്യത പ്രകടിപ്പിക്കേണ്ട ചുന്നത്തിതമായ പാണക്കാട് സൈഡ് ഐദ ശിഹാപതങ്ങളും സംസ്ഥയുടെ ഓരമാക്കളുടെയും സമ്മതത്തോടുകൂടി ഈ സമരം അതിശക്തമായി തുടരുക തന്നെ ചെയ്യും സമരം വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടാകണം ആവശ്യമെങ്കിൽ ഇത് സമരം നമുക്ക് വ്യാപിപ്പിക്കണം ജില്ലകൾ തോറും പ്രതിഷേധ സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കും ആ സമരം ഇല്ലാതെ നമ്മൾ സ്വയം പര്യാപ്തരാവാതെ സ്വയം ആർജവം നമുക്ക് നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും പല ആളുകളും കാന്തപുരത്തിന്റെ ഇല്ലാത്ത അത്ഭുത വിളക്കിന്റെ പിന്നാലെ പോകുകയാണ് ആ പൊട്ടി കുമിള കണ്ടുകൊണ്ട് മയങ്ങിക്കിടക്കുകയാണ് അത് അവസാനിപ്പിക്കണം അവർ അതാറ് തുറന്നാലും ഒന്നിച്ച് മന്ത്രി പടച്ചെന്നുകൊണ്ട് അവര് ശിലാസ്ഥാപനം പൊതുപ്പാടിയിൽ നടത്തിയാലും എന്റെ അത്തരം ആളുകൾ പോയിട്ട് മഹാനാ സൈദ് ഹൈദലിൽ ശിഹാബരങ്ങളിൽ കോഴിക്കോട്ടൊരു ഇഫ്താർ മീറ്റ് നടത്തിയിട്ട് കാന്തപുരം വിഭാഗത്തിന്റെ ഓഫീസ് ജീവനക്കാരെ മാത്രമാണല്ലോ പറഞ്ഞ വെച്ചത് അങ്ങോട്ടടുക്കുമ്പോൾ ഒരു അളവ് പോലും ഇങ്ങോട്ടടുപ്പിക്കാൻ കാന്തപുരത്തെ കഴിയില്ല സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബട്ട കലിരുന്ന സീറ്റ് സെയ്ദ് ഹൈദർ അലി ഷിഹാബട്ട കലിക്കുന്ന സീറ്റ് പിടിച്ചടക്കാം എന്റെ കാന്തപുരത്തിന്റെ വ്യാമോഹമാണ് അതുകൊണ്ട് എത്ര വടക്കും കിടക്കും പടിഞ്ഞാറും അസ്തമിച്ച് പടിഞ്ഞാറും നിങ്ങൾ നടന്ന് കാന്തപുരത്തെ വശവീശി പിടിക്കാൻ ശ്രമിച്ചാലും കാന്തപുരത്തിന്റെ ഇല്ലാത്ത അൽപ്പട വിളക്കിന്റെ മായാലോകത്തെ നിങ്ങൾ സഞ്ചരി സഞ്ചരിച്ചാലും പ്രശ്നമില്ല അതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ ഇഫ്താർ മീറ്റ് ആ കാന്തപുരത്തെ തിരിച്ചറിയാൻ സംസ്ഥ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇത്തരം ആളുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ തുടർന്ന ഈ നിലപാട് സംസ്ഥയോട് കാണിക്കുന്ന അനീതി ആഭ്യന്തര വകുപ്പ് തുടരുകയാണെങ്കിൽ അതേ വേണ്ടരത്ത് കൈകാര്യം ചെയ്യാനും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു കൂട്ടറുടെ മാത്രം കുട്ടകയല്ല അത് മലയാളത്തിലെ സ്മിമക്കളുടെ ഒരു അവകാശമാണ് അത് വേണ്ടരപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാകും എന്നെ സൂചിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ആഗോള വ്യാപകമായ രൂപത്തിൽ നമ്മുടെ സിറിയൻ ജനതയ്ക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ അതിശക്തമായ യുദ്ധ കെടുതികളുമായിക്കൊണ്ട് ലോക പോലീസ് ചവഞ്ഞുന്ന അമേരിക്ക ആയുധവുമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിറിയൻ പറഞ്ഞുകൂടെ നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല സ്വന്തം ജനങ്ങൾക്ക് നേരെ രാസായുധം ഉപയോഗിച്ച സിറിയൻ അനുകൂലിക്കാൻ കഴിയില്ല അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു അതോടൊപ്പം സിറിയൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കലക്ക വെള്ളത്തിൽ മീൻപിടിക്കുന്ന ലോക പോലീസായ അമേരിക്കൻ വ്യാങ്കിപ്പടയെ പിടിച്ചുവിട്ടാൻ സിറിയൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന തീയതി വ്യാഴാഴ്ച കോഴിക്കോട്ട് ടൗണിൽ തന്നെ എസ് വൈ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഒരു ഐക്യദാർഢ്യ റാലി കോഴിക്കോട് നടത്തുകയാണ് പന്ത്രണ്ടാം തീയതി നാലു മണിക്ക് നടക്കുന്ന കേരള ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള സമര സമ്മേളനത്തിലും പതിനെട്ടാം തീയതി നാലുമണിക്ക് കോഴിക്കോട് തന്നെ നടക്കുന്ന എസ് വൈ എസിന്റെ ജനതയോടുള്ള ഐക്യദാർഢ്യ പ്രകടനത്തിലും പങ്കെടുക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കോട് അവസാനിപ്പിക്കുന്ന ആഹർദേവാന അലിഹമ്മദാ ഹർബുൽ ആലമീൻ അസ്ലാം വലൈക്കും